um mm. പുരുഷസ്വമസ്തൃസ് തതേവ അന്ധമാത്മാനം കുരു സ്വാമൃതം ആത്മാനം അന്തർയ പരസ്യം തത്ത് പ്രതിക സത്യാഭിസന്ധ സത്യനത്മാനമന്ത പ്രതിഗ്ണാസാത്മാതി ിരാശ്യത്തെ ചോദ്യേ പ്രതിമാതിഷമാ ഭാഷകാരൻ പറയുന്നതാണ് താല്പര്യം നീ സ ഇതിന്റെ അർത്ഥം ഇങ്ങനെയായിക്കൂടെ ഇത് ഉപാസനപരമായി കൂടെ ആദിത്യു ബ്രഹ്മിത്യ ആദിശ എന്നും മറ്റു ശ്രുതിവാക്കിയുണ്ട് ആദിത്യന് ബ്രഹ്മമായി ഉപാസിക്കുക ആദിത്യന് ബ്രഹ്മമാണെന്നും ഭാവന ചെയ്യുക അല്ലെങ്കിൽ പ്രതിമയെ വിഷ്ണുവാണെന്ന് ഭാവന ചെയ്യുക ധ്യാനിക്കുക താളഗ്രാമത്തെ വിഷ്ണു ആണെന്ന് ധ്യാനിക്കുക ശിവലിംഗത്തെ ശിവനാണെന്ന് ധ്യാനിക്കുക ഇതുപോലുള്ളൊരു ഉപാസന പദ്ധതിയാണ് തൊമ്മീന്നെ സത്താണെന്ന് ഭാവന ചെയ ഉപാസിക്കുക അതിനുവേണ്ടി പറയുകയാണെങ്കിലോ സ്വയം നീ സത്തല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ പറയുന്ന എന്താണെന്ന് അറിയുമായിരുന്നു സത്താണെങ്കിൽ എന്നാലറിയ പറയുന്നു അത് ശരിയല്ല എന്നാ ആദിത്യാദിവാക്യവൈലക്ഷണി ഉപനിഷത്ത് ഉപാസിനെ കുറിച്ച് പറയുന്നുണ്ട് അതാണ് ആദിത്യോ മനോബ്രഹ്മിത്യുപാസിക ആദിത്യോ ബ്രഹ്മിത്യാദ ഇങ്ങനെയെല്ലാം പറയുന്നത് ഉപാസിനെ കുറിച്ച് പക്ഷെ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് വൈലക്ഷണ രണ്ടും തമ്മിൽ ഭേദമുണ്ട് എന്താണ് ആദിത്യ ആദിത്യോ ബ്രഹ്മി അവിടെ ഒരു ഇതി എന്നുള്ള ശബ്ദം പറയുന്നുണ്ട് തത്വം ഇതി എന്നുള്ള പറയുന്നത് തത്വം അസി എന്നാണ് ഇവിടെ അങ്ങനെ ആദിത്യ ബ്രഹ്മിതി എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നുണ്ട് ശബ്ദം ആദ്യ ശബ്ദം എന്താണെന്ന് ഗ്രഹിക്കുന്നുണ്ട് പിന്നെ ശബ്ദാർത്ഥത്തെ ഗ്രഹിക്കും കഴിഞ്ഞ എന്താ ഇതിന്റെ തത്വം താല്പര്യവും ഒന്ന് നിർണ്ണയിക്കാൻ കഴിയും നല്ല ശബ്ദത്തെയും ശബ്ദാർത്ഥത്തെയൊന്നും സ്വീകരിക്കാതെയാണെങ്കിൽ ഒരാൾക്ക് അവരവരുടെ മനസ്സിൽ കാണുന്ന എന്തും ഭാവനയല്ല ഭാവനയ്ക്ക് ഇവിടെത്താനൊന്നുമില്ല ആദ്യം അതിന്റെ വഴിക്ക് തന്നെ സഞ്ചരിക്കും എന്താണ് ശബ്ദം എന്താണ് ശബ്ദത്തിന്റെ അർത്ഥം അതിന്റെ പരമമായ താല്പര്യം എന്താണ് ആ രീതിക്ക് പോകുന്നത് അല്ലെങ്കിൽ ശ്രുതി ഒരു ഭാഗത്തായിരിക്കും ഭാവന വേറൊരു സ്ഥലത്തായിരിക്കും രണ്ടും തമ്മിൽ ബന്ധം വരത്തില്ല അതുകൊണ്ട് ആദിത്യവും ബ്രഹ്മഗിതി എന്നൊരു ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ആദിത്യൻ ബ്രഹ്മമല്ല പക്ഷെ ആദിത്യന് ബ്രഹ്മം പോലെ ബ്രഹ്മമായിട്ട് ഭാവന ചെയ്യുക ബ്രഹ്മത്തെ നേരിട്ട് ഭാവന ചെയ്യാൻ കഴിയുന്നില്ല കാരണം അതിന് രൂപമില്ല രസമില്ല ഗന്ധമില്ല മണമില്ല പിന്നെ എങ്ങനെ ഭാവന ചെയ്യും നിറമില്ല ഒരാകൃതിയില്ല മനസ്സും ബാക്കൊന്നും എത്തത്തില്ല എന്ന് പറയുന്നു പിന്നെ എങ്ങനെ ബ്രഹ്മത്തെ ഭാഗ്യെന്ന് പറയുന്നു ആദിത്യനെ നോക്കാതെന്താണ് അത് പ്രകാശസ്വരൂപമാണ് സ്വരൂപമാണ് പ്രകാശ സ്വരൂപമായ ആദിത്യൻ അതുപോലെയാണ് ചൈതന്യ സ്വരൂപമായ ബ്രഹ്മം അതുകൊണ്ട് ആദിത്യനെ തന്നെ ബ്രഹ്മമായിട്ടും ഭാവന ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചില സമാനതകൾ എടുത്തുകൊണ്ട് ഇത് തന്നെ വേണമെന്നില്ല ഞാൻ ഉദാഹരണമായി പറഞ്ഞു ഞാൻ ഉപാസിക്കാൻ പറയുന്നു വാസ്തവത്തിൽ അതല്ല എന്നാൽ അങ്ങനെ ഭാവന ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഇതിശബ്ദം പ്രയോഗിക്കുന്നത് അതുപോലെ എന്നുള്ളത് അതുകൊണ്ട് തന്നെ സാക്ഷാത് ബ്രഹ്മത്വം അതുകൊണ്ടവിടെ ആദിത്യം ബ്രഹ്മമാണെന്ന് പറയുകയല്ല സർവൻ തന്നെ പക്ഷെ ഇവിടെ ഉപാസനയ്ക്ക് വേണ്ടി പറയുമ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നു ആദിത്യൻ ബ്രഹ്മമാണ് എന്നല്ല അതിനെ അങ്ങനെ ഭാവന ചെയ്താൽ മതി പ്രതിമ വിഷ്ണു അല്ല കാരണം അത് നിർമ്മിച്ചതാണ് അറിഞ്ഞുകൊണ്ട് തന്നെ അതിൽ ഭാവന ചെയ്യുന്നു രൂപാതിമത്വ ആദിത്യാദീനാം ആകാശ മനസ് വച്ച ഇതി ശബ്ദ യോഗാന ദേവ അബ്രഹ്മം ഉപാസനയ്ക്ക് വേണ്ടി പറയുന്ന സന്ദർഭത്തിൽ ആകാശം മനസ്സ് ആദിത്യൻ ഇതിനെല്ലാം ഉപാസിക്കാൻ പറയും അതിനു നേരിട്ട് ബ്രഹ്മമെന്ന് പറയുന്നത് എന്തുകൊണ്ട് അത് ബ്രഹ്മത്തിന്റെ സ്വഭാവം അല്ലാതെ ഒരു ഉപാധികളുണ്ടായിരുന്നു അത് നശിക്കുന്നതാണ് ബ്രഹ്മനിത്യമാണ് അതുകൊണ്ട് ആകാശം മനസ്സ് ആദിത്യം അതിനെയൊക്കെ ഉപാസിക്കാൻ പറയുന്ന പോലെ അവിടെ ഇതിശബ്ദം പ്രയോഗിക്കുന്നത് രണ്ടാം മനസ്സിലാണെങ്കിൽ ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവേശം ദർശയിത്തോ തരങ്കുശം സദാത്മഭാവം സ്ഥിതി ഇവിടെ അങ്ങനെ ഉണ്ട തന്നെ ആദ്യം ആ സത്തിന്റെ പ്രവേശം ഇവിടെ ഈ ശരീരത്തിൽ ആദ്യം കാണിക്കുന്നു ഈ ശരീരത്തിൽ ആ സത്ത് പ്രവേശിച്ചിരിക്കാണ് അത് ക്രമമായി പറഞ്ഞു ഇവിടെ സൃഷ്ടിയിൽ നിന്ന് തുടങ്ങുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ് കാരണം ഇവിടെ പ്രശ്നം ഈ ശരീരത്തിലാണ് ഈ ശരീരത്തിൽ ആണ് ആത്മാവിനെ ആത്മാവിന്റെ സ്ഥാനമെന്ന് പറയുന്നത് പക്ഷെ ജീവന്റെ ബോധം അങ്ങനെയല്ല ഈ ശരീരം അതിനപ്പുറം ബോധമല്ല ശരീരം ആത്മബോധമാണ് ശരീരം തന്നെ ആത്മാവെന്നുള്ള ബോധം അതുകൊണ്ട് ശരീരമല്ല ഈ ശരീരത്തിൽ പ്രവേശിച്ച ഒരാത്മാവുണ്ട് എന്നിങ്ങനെ അവിടെ പോലെ തുടങ്ങുകയാണ് അതിന് തുടക്കം ആദ്യം ഈ ശരീരത്തിലുള്ള ആ താതാത്മ്യത്തെ വിട ശരീരത്തോടുള്ള താതാത്മ്യം ശരീര താതാത്മ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഇതാണെന്നുള്ള ബോധം ഈ ശരീരമാണെന്നുള്ള ബോധം കാരണം ശരീര താതാത്മ്യം എന്ന് പറയും താതാത്മ്യം എന്ന് പറയുന്നത് നമ്മുടെ അറിവാണ് ഞാനിതാണോ എന്നുള്ള ബോധം ഞാൻ ഇന്നാരാണ് നാം രൂപാത്മകമായി തന്നെ ഉപയോഗിക്കുന്നു ഈ ബോധത്തെ മാറ്റണം അതിനു വേണ്ടിയിട്ട് ഇവിടെ തന്നെ ആ ബോധത്തിൻ്റെ ഒരു ശുദ്ധീകരണം വേണം അതിനുവേണ്ടി പറഞ്ഞു ഈ ശരീരത്തിൽ അസത്ത് അനുപ്രവേശം ചെയ്തിരിക്കുന്നു പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോ മനസ്സിലാകുന്നു ഈ ശരീരം അതിൽ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടെന്തോ ഉണ്ട് അതാണ് സത്ത് അതാണ് ഇഹ പ്രവേശം ദൃശിക്കുക അത് സത്താണ് ആ സ്വത്തെന്താണ് പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പറയുന്നു അതാണ് സദേവസ്വാമി ദമഗ്രഹാസീദേ ഈ സൃഷ്ടിക്കെല്ലാം കാരണമായിരിക്കുന്ന അതാണോ ഈ ശരീരത്തിൽ മാത്രമല്ല സർവസൃഷ്ടിക്കും കാരണമായിരിക്കുന്നു എന്നിട്ട് പറയുന്നു സൃഷ്ടിക്ക് കാരണമായിരുന്നിട്ട് അത് ഈ സൃഷ്ടിയിലെല്ലാം പ്രവേശിച്ചിരിക്കുന്നു ഈ ശരീരത്തിൽ മാത്രമല്ല അപ്പൊ സത്ത് ഈ ശരീരത്തിൽ അല്ല ഒതുങ്ങിയിരിക്കുന്നു സത്ത് സർവത്ര സർവസൃഷ്ടിക്കുന്നു അപ്പോൾ അത് എങ്ങനെ വ്യാപിച്ചിരിക്കുന്നു അത് പറയുന്നു അത് താതാത്മ്യത്തിലിരിക്കുന്നു എങ്ങനെ സർവസൃഷ്ടിയും അതിനോട് താതാത്മ്യത്തിലിരിക്കുന്നു അതായിട്ടിരിക്കുന്നു താതാത്മ്യം എന്ന് വെച്ചാൽ തദാത്മ തത് സ്വരൂപത്തിലിരിക്കുന്നു അതെങ്ങനെ തദാത്മന ഭാവം തത് സ്വരൂപം എന്നാണ് താതാത്മ എന്ന് പറയുന്നത് സർവസൃഷ്ടിയും തത് സ്വരൂപമായിരിക്കും സൃഷ്ടി എന്താണ് നാമൊരു പാത്രമായിരിക്കും അത് തത് സ്വരൂപമായിരിക്കുന്നത് എന്താണ് തത്ത് അത് പറയുന്നത് സത് സാണാ തത്ത് എന്ന് പറയുന്നത് സത്തിനെയാണ് അപ്പൊ സർവസൃഷ്ടിയും സത് സ്വരൂപം തന്നെ അതിവിടെ പറയുന്നു സർവമിതം ആകാശാദികാര്യം സന്മാത്രം വ്യക്തമായും പറയും സർവമിതം ആകാശാദികാര്യം ഈ ആകാശാദികാരിയം സർവത്രം സത്ത് മാത്രമാണെന്ന് വെച്ചാൽ രണ്ടാമത് അവിടെയൊന്നുമില്ല നാമരൂപമായിട്ട് ഈ സൃഷ്ടി ആകാശവാദി കാര്യങ്ങൾ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അനുഭവപ്പെടുന്നു എന്ന് പറയുന്നത് വാസ്തവമാണ് അത് സാമാന്യ അനുഭവം സർവജീവന്മാരുടെ അനുഭവം നാമരൂപാത്മവുമായി അനുഭവിക്കുന്നു പക്ഷെ അവിടെ അന്വേഷണം വരുന്നു എന്താ ഈ നാമരൂപമായി അനുഭവപ്പെടുന്നത് ഇത് കേവലം നാമരൂപങ്ങളാണോ പറയുന്നു ആകാശവാദി കാര്യം സന്മാത്രം സന്മാത്രം എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം അതിനെ നിഷേധിക്കുകയാണ് നാമരൂപാധികളെ നിഷേധിക്കുകയാണ് പറയുന്നു ഈ നാമരൂപാധികളെല്ലാം കേവല സത്താണ് നാമരൂപാധികളുടെ അനുഭവത്തിൽ കേവല സത്തെന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം ആ സത്തിൽ നിന്ന് വ്യതിരിക്തമായി വേറിട്ട് നാമരൂപാധികളില്ല ണ്ടായി തിരിക്കാൻ മയ്യ ഒന്ന് സത്ത് മറ്റൊന്ന് നാമരൂപം അങ്ങനെ തിരിക്കാൻ പറ്റത്തില്ല അതിലൂടെ ഉദാഹരണം പറഞ്ഞ് മൃതാതി കാരണമേവോ ഘടാധികാരി എന്നാൽ മൃതകത്തി വേറെയില്ല അതുകൂടെ മുഖ്യമായി പറയുന്ന അദ്വൈതമെന്ന് പറയുന്നത് അതാണോ വേറെ അതിനെ തിരിക്കാൻ മതിയ മൃതാതി കാരണമേവോ ഘടാധികാരി പലതവണ നമ്മൾ ജലസെയ്തിട്ടുള്ളത് എപ്പോഴും ചർച്ച ചെയ്യുന്നു പാത്രം മണ്ണ് തന്നെ വേർ അവിടെ വേറിതിരിക്കാനില്ല നാമവും രൂപവും ഒക്കെയോ അതൊന്നും ആ സത്തിൽ നിന്ന് വേറെയല്ല എന്നാൽ പിന്നെ ഇതെല്ലാം സത്തെന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ വേറെയല്ലെന്ന് കാരണം വേറെയാണെന്ന് അനുഭവപ്പെടുന്നു നാമരൂപങ്ങളെ നാമരൂപങ്ങളായിട്ട് അനുഭവപ്പെടുന്നു സാമാന്യ ജീവൻ്റെ സത്തൽ നിന്ന് വേറെ ആയിട്ടല്ല നമരൂപങ്ങൾ നാമരൂപമായി അനുഭവപ്പെടുന്നു പിന്നെ ചിന്തിക്കുന്നു ശ്രുതി പറയുന്നു നല്ല സത്താണ് അങ്ങനെ പറയുമ്പോൾ അനുഭവപ്പെടുന്നു അത് സത്തായിട്ടല്ല വേറെയായിട്ട് അനുഭവപ്പെടുന്നു മണ്ണിനെ മണ്ണായിട്ടും പാത്രത്തെ പാത്രമായിട്ടും അനുഭവപ്പെടുന്നു ഒരു ഭേദ ബോധമുണ്ട് മണ്ണാണെങ്കിലും ഇത് പാത്രമാണ് മണ്ണ് തന്നെ പക്ഷെ ഇത് വെറും മണ്ണാണ്ട് പാത്രമാണ് അങ്ങനെ ഒരു ബോധം ഉള്ളത് കൊണ്ട് പറയുന്നു ഇത് വേറെയില്ല നാമരൂപങ്ങളില്ല സന്മാത്രം ഏകം ഏവ അദ്ധീയം ഇപ്പൊ ഈ കാര്യം ആകാശാദി സർവകാര്യവും സന്മാത്രമാണെങ്കിൽ ഇവിടുപ്പിൻ്റെ മിഥ്യ അങ്ങനെ ഒന്നുമില്ല വ്യക്തമായി ഇവിടെ പറയുന്നു സർവവിധം ആകാശവാദികാര്യം മാത്രം സത്ത് മാത്രമാണ് മിഥിയായിട്ട് എന്തെങ്കിലുമൊന്നുണ്ടെങ്കിൽ ഇവിടെ അദ്വിതീയോ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം സത്തും മിഥിയും രണ്ടായി രണ്ടാമതൊന്നുമില്ല അതാണ് പറയുന്നത് അത് പറയാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞു തത്വമസി എന്ന് പറഞ്ഞു തം സദസി നീ അസത്ത് തന്നെയാണ് നീ എന്ന് പറയുമ്പോൾ കേവലൊരു വ്യക്തിയോട് പറയുന്നതല്ല സർവ്വകാര്യവും ഒരു സേതഗീതവിനോട് പറയുന്നതല്ല എന്ന് നിരങ്കുശം അതിന് യാതൊരു വികല്പത്തിനും ഇട കൊടുക്കാതെ യാതൊരു സംശയത്തിനും അവകാശം കൊടുക്ക ഏതൊരു ഭ്രഹത്തിനും അവകാശം കൊടുക്കാതെ സദാത്മഭാവം സത് സ്വരൂപം ആത്മാവെന്ന് പറയുന്നത് സത്ത് തന്നെ സത്സ്വരൂപത്തെ പറഞ്ഞു അതെന്ന് പറയുന്നത് പ്രപഞ്ചം സത്താണോ എന്ന് പറയുന്നു ചാര്യന്മാർ പറയുന്നത് കൊണ്ടാണ് ഞാൻക്ക് പ്രപഞ്ചം സത്താണ് എന്ന് പറയും ഞാൻ പ്രപഞ്ചം സിത്താണ് ഞാൻക്ക് പ്രപഞ്ചം ആനന്ദമാണ് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ് ആശയം അജ്ഞനാണെങ്കിലും ഇത് അനർഭം ഇത് മിഥ്യ ശരിക്കും അതങ്ങനെയാ മനസ്സിലാക്കേണ്ടത് അജ്ഞനെ സംബന്ധിച്ചത് എന്തുകൊണ്ട് അജ്ഞനെ സംബന്ധിച്ച് അന്നതമായി അജ്ഞനെ സംബന്ധിച്ച് ഇത് സത്തല്ല ചിത്തല്ല ആനന്ദമല്ല അല്ലെങ്കിൽ പിന്നെ അനന്ദ എന്താണോ ഇത് പരമാർത്ഥത്തിൽ അതല്ലെങ്കിൽ അതിനനുദയമെന്നോ എല്ലാം പറയാം എന്ന് പറയുന്ന സദാഭാവം പ്രതിസരിക്കും ഇവിടെ അതാണ് ബോധിപ്പിക്കുന്നത് പ്രപഞ്ചം സത്താണ് സത് സ്വരൂപമാണ് അല്ലെങ്കിൽ ചെൻമാത്രമാണ് അതിൻ്റെ ആനന്ദ സ്വരൂപമാണ് പ്രപഞ്ചത്തിന്റെ സ്വരൂപം അതാണ് ഇത് നാമരൂപാത്മകമായി പ്രതീതമാകുന്നുണ്ടെങ്കിലും നാമരൂപാത്മകമായി ഇങ്ങനെ വേറിട്ട് പ്രതീതമാകുന്നുണ്ടെങ്കിൽ ആർക്ക് അജ്ഞൻ സത്വജ്ഞാനത്തിൽ ഇത് സസ്വരൂപമാണ് സന്മാത്രമാണ് ഇതിന്റെ അർത്ഥം മറ്റേതെങ്കിലും തരത്തിലാകാമോ ഏതെല്ലാം തരത്തിലാകാം അതിനെല്ലാം ഓരോന്നിനെയും നിഷേധിക്കുന്നു വേറൊരു തരത്തിലും ചിന്തിക്കാം അതടുത്ത് പറയുന്ന നണു പരാക്രമാതി ഗുണവ സിംഹോസിവൻ നല്ല ധീരനാണ് വീര ശിവര പരാക്രമിയാണ് അതല്ല അവനോട് പറയുന്നു സിംഹോസി നീസിംഹമാണ് െന്തായാലും സിംഹമല്ല എന്ന് അവനും പറയുന്ന സിംഹം സിംഹമാണ് എന്തുകൊണ്ട് പരാക്രമാധിഗുണം ആ പരാക്രമാധി ഗുണങ്ങളുള്ളത് കൊണ്ട് പറയാം വാസ്തവത്തിൽ അതല്ലെങ്കിലും അങ്ങനെ പറയാം പറയുന്ന സാധാരണ തെറ്റുള്ള കാര്യങ്ങളും അതുപോലെ തൊം സത് സത്തല്ല എങ്കിലും പറയുന്ന ഈ സത്താണ് ആ സത്തിന്റെ ചില ഗുണങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലെ പറയുകയാണെങ്കിലോ ഇവിടെ പറയുന്നതിന്റെ താല്പര്യം ഇതാണ് ഇത് പരമാർത്ഥമാണ് സത്വമസി സത് സച്ചിദാനന്ദം എന്ന് പറയുന്നത് പരമാർത്ഥമാണെങ്കിലും ഒരു ജീവൻ അവന്റെ ബുദ്ധിയുടെ തലത്തിൽ ഇതിനെ ഗ്രഹിക്കുമ്പോൾ പലതരത്തിലും ഗ്രഹിക്കാം ബുദ്ധി നിരങ്കുശമാണ് അതിന് തടസ്സം അതിന് നിയന്ത്രണമില്ല ും സഞ്ചരിക്കും എങ്ങനെയും ചിന്തിക്കാം എല്ലാവരും ഒരു തരത്തിലാണോ ചിന്തിക്കുന്നത് അല്ലല്ലോ തത്തുമസിയെ കുറിച്ച് അങ്ങനെ പറയാം നീ സത്താണോ സത്തിന്റെ ചില ഗുണങ്ങൾ നിന്നിലുണ്ട് അതുകൊണ്ട് നീ അതാണ് എന്ന് പറഞ്ഞാണെങ്കിലും അല്ലെ ശരിയല്ല മൃതാധിപത് സതേഗമ്യവാദ്യം സത്യമിത്തി ഉപദേശ ഇവിടെ അദ്വിതീയമെന്ന് പറഞ്ഞല്ലേ രണ്ടാമതൊന്നുമില്ല രണ്ടാമത് സത്യമായിട്ടോ മിഥ്യമായിട്ടോ ഒന്നുമില്ല മിധ്യം എന്ന് പറഞ്ഞാലും കുഴപ്പം എന്താണ് ഈ തർക്കത്തിൽ വേദാന്ത അദ്വൈതി തർക്കിക്കുന്ന അദ്വീതികളുണ്ടാവും പറയും മിഥ്യ എന്ന് പറയുന്നു മിഥ്യ മിഥ്യാണോ സത്യമാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചു ചോദിച്ചിട്ട് ബുദ്ധിയായിട്ട് കറക്കും പറയുന്നു മൃതാധി ദൃഷ്ടാന്തത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നു മൃതാധിപത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നു ഏകമേവ് അദ്വീയം സത്യം എന്നാ പറഞ്ഞിരിക്കുന്നത് അത് ഒരു സത്യം ഏകമാണ് അദ്വിതീയമാണ് രണ്ടാമതൊന്നില്ല രണ്ടാമതായി അനുഭവപ്പെടുന്ന എല്ലാം സത്ത് തന്നെ എന്നാൽ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ അനുഭവപ്പെടുന്നില്ല അതിന് അവസാനം പറയും സമാധാനം അതും പറയും അതങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ അനുഭവപ്പെടില്ലേ ഇത് സച്ഛദാനന്ദിൽ എല്ലാവർക്കും സച്ചിദാനന്ദമായിട്ട് അനുഭവപ്പെടണ്ടേ അവസാനം ഭാഷകാലം പറയും സാധാരണ പറയും സമാനത്തിന് എന്തായാലും അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് സച്ചിതാനന്ദ അനുഭവപ്പെടുന്നില്ലല്ലോ അപ്പം അതിനൊരു കാരണം ഉണ്ടായാലേ പറ്റും അനുഭവപ്പെടുന്നില്ല എന്നുള്ള ഞാൻ എന്താർത്ഥം എനിക്കങ്ങനെ ഒരു അനുഭവം ഇല്ല അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത് ആ അജ്ഞാനം കൊണ്ട് ഇത് സത്യദാനന്ദമായിട്ടല്ല അനുഭവപ്പെടുന്നത് കേവലം നാമരൂപാത്മകമായി അനുഭവപ്പെടുന്നു എന്ന് പറയും ആ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ടി വന്നത് അങ്ങനെ സംഭവം സംഭവിക്കാമോ ഒരു വസ്തു പരമാർത്ഥമായിരിക്കുകയെ അത് പുസ്തകം മുമ്പിലിരിക്കുന്നു കണ്ോക്കുന്നു പ്രകാശമുണ്ട് കാണാതിരിക്കുന്നു പറയുന്നു കാണാതിരിക്കാം എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ കാച്ച ദോഷം തിമിരമുണ്ടെങ്കിൽ കാണത്തില്ല നോക്കിയാലും കാണത്തില്ല അപ്പങ്ങനെ കണ്ടുകൊള്ളണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളണം കണ്ടുകൊള്ളണമെന്ന് നിയമമില്ല ദോഷങ്ങൾ വന്നാൽ കാഴ്ചയ്ക്ക് പ്രതിബന്ധമെന്ന് കഴിഞ്ഞാൽ കാണത്തില്ല അതുപോലെ ഇത് സച്ചിദാനന്ദമായുള്ള ഈ കാഴ്ചയ്ക്ക് പ്രതിബന്ധം വരുന്നു മോഹം അതെന്താ അങ്ങനെ വരുന്നത് അത് അനുഭവമാണല്ലോ എന്തായാലും അത് വന്നു അതുകൊണ്ട് എന്താ അതിൻ്റെ അനുഭവം അജ്ഞമഹം ഞാൻ അജ്ഞനാണ് എനിക്ക് സച്ചിദാനന്ദം എന്നറിയാൻ കഴിയുന്നില്ല ഞാൻ പഞ്ചഭൂതങ്ങളൊക്കെ ഗ്രഹിക്കുന്നു ശരീരത്തെ ഗ്രഹിക്കുന്നു നാമരൂപങ്ങളൊക്കെ ഗ്രഹിക്കുന്നു ഇത് മറ്റാരെങ്കിലും ഗ്രഹിക്കുന്നുണ്ട് ഗുരു ഗ്രഹിക്കുന്നുണ്ട് സച്ചിദാനന്ദം അപ്പോൾ ഗ്രഹിച്ച ഒരാൾ പറയും ഞാനത് സച്ദാനന്ദമായി ഗ്രഹിക്കുന്നു ശിഷ്യനോട് പറയും ശിഷ്യൻ പറയുന്നത് ഞാൻ ഗ്രഹിക്കുന്നില്ല അപ്പോൾ എന്തായാലും വ്യത്യാസത്തെ ഉണ്ടാക്കുന്നു അത് തന്നെ അജ്ഞാനം അതുമുണ്ട് അതെങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു അതെങ്ങനെയാലും അത് സംഭവിച്ചു അത് അനുഭവമാണോ അത് സംഭവിച്ചതാണോ അജ്ഞോഹം എന്ന് പറയുന്ന അനുഭവത്തെ നിഷേധിക്കാൻ പറ്റും ഞാൻ അജ്ഞനാണ് എന്നുള്ള അനുഭവത്തിൽ നിഷേധിക്കും ഒരു കാര്യം അനുഭവത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ അതിനെ അംഗീകരിക്കുന്നതിന് എന്താ തടസ്സം അപ്പൊ അജ്ഞാനത്തെ അംഗീകരിച്ചേ അങ്ങനെയാണെങ്കിൽ തത്വജ്ഞന്റെ അനുഭവത്തെ അംഗീകരിച്ചേ പറ്റൂ എന്താണ് സച്ചിദാനന്ദം എന്നുള്ള അനുഭവത്തെ അവിടെ ഏകമയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്വീയമാണ് ഏകമയവാധി എന്ന് പറയുന്നത് തത്വജ്ഞന്റെ അനുഭവമാണെങ്കിൽ ഇവിടെ അതല്ലാതെ രണ്ടാമതൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ സിംഹമാണഭ എന്നും മിട്ടും പറയുന്നത് പോലെ ഗൗണമായി പറയുകയല്ല ഗൗണപ്രയോഗമല്ല നേരത്തെ പറഞ്ഞത് ഉപാസനയ്ക്ക് വേണ്ടി പറയുകയാണോ അല്ല ഇതിന്റെ ഗൗണപ്രയോഗമാണോ അതല്ല എന്ന് പറയുന്നു സത്താണോ പറയുക എന്നുവച്ച ഉപചാര വിജ്ഞാന തസ്യ താപദേവ ചിരമിതി സത്സമ്പത്തിൽ ഉപദേശിച്ച ഇവിടെ ഫലം പറയുന്നു പ്രസിതാവധിവരം വ്യാവുന്ന വിമോക്ഷ്യംഭക്സി ഫലം പറയുന്നത് കൊണ്ട് ഇത് കേവലം ഉപചാര വിജ്ഞാനമല്ല ഗൗണവിജ്ഞാനം മുഖ്യമല്ല സിംഹമല്ലാത്തവൻ സിംഹം എന്ന് പറയുന്നതുപോലല്ല അതാണ് ഗൗണവിജ്ഞ വിജ്ഞാനം മനുഷ്യനങ്ങനെ സിംഹ ആകത്തില്ല പക്ഷെ എന്നാലും പറയുന്നു അവൻ സിംഹമാണ് അത് ഗൗണവിജ്ഞാനം മുഖ്യമല്ലാതെ പറയുന്നു അതുപോലല്ല ഇവിടെ എന്തുകൊണ്ട് ഇവിടെ അതിൻ്റെ ഫലത്ത് പറയുന്നു തസ്യതാവുദേവചിരം ആ ജ്ഞാനം ഉണ്ടായാൽ പിന്നീട് കാലതാമസമില്ല ഉന്മുക്തനാകുന്നു സത്സമ്പത്തി എന്ന് പറയുന്നു ഉപചാരമാണെങ്കിലോ മൃഷാത്വാദുപചാര വിജ്ഞാന സുപചാര വിജ്ഞാനം എപ്പോഴും മൃഷയാണ് അത് മിഥയാണ് സത്യവിജ്ഞാനം അങ്ങനെ നീ സിംഹമാണെന്ന് പറഞ്ഞു പച്ചക്കള്ള സിംഹമല്ല സാദൃശ്യം കൊണ്ട് അങ്ങനെ ഒരു ശബ്ദം പ്രയോഗിച്ചു ഉപചാര വിജ്ഞാനം ഗൗണവിജ്ഞാനം സർവത്ര മിഥ്യയാണ് അപരോക്ഷാ ബ്രഹ്മ ഇവിടെ അപരോക്ഷമായി അപ്രോക്ഷ ജ്ഞാനം അതിനെ വെളിപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് സാറിന് ഉപചാര വിജ്ഞാനം എങ്ങനെയാണ് എത്തും ഇന്ദ്രോ യമ ഇതിവർ രാജാവിനെ സ്തുതിക്കാൻ രാജാവ് ശമ്പളം കൊടുത്ത ആളിനെ വെച്ചിട്ടുണ്ട് വൈതാളികന്മാരെന്ന് അവരുടെ ജോലി എന്ന് പറയുന്നത് രാവിലെ വൈകുന്നേരം രാജാവിനെ സ്തുതിക്കുകയാണ് കാരണം അവരതിനെ കാശ് വാങ്ങുന്നുണ്ട് അവരെങ്ങനെ ആസ്വദിക്കുന്നത്വം ഇന്ദ്രമഹ നീന്ദ്രനാണ് യമനാണ് ഇങ്ങനെ പറയും രാജാവിനറിയൻ ഇന്ദ്രനല്ല ഇന്ദ്രൻ ദേവലോകത്തിലാണ് യമനല്ല യമൻ യമലോകത്തിലാണ് ഈ സ്തുതിക്കുന്നവനും അറിയാം ഇത് രണ്ടുമല്ല എന്നാലും ആസ്വദിക്കുന്നത് നീന്ദ്രനാണ് യമനാണ് അതുപോലെ ഒരു സ്തുതിയാണെങ്കിലോ നീ സത്താണോ സാധാരണ പറയാറുണ്ടല്ലോ ഒരുത്തൻ മോശമാണെങ്കിലുണ്ടോ നീ പരമയോഗ്യനാണ് ഒരുത്തൻ ശത്രുവാണെങ്കിലും അവൻ്റെ മുഖത്ത് പോയി പറയും നീ വലിയ മിത്രമാണ് എന്നോട് എനിക്ക് വലിയ സ്നേഹമാണ് വെറുതെ പറയും സ്തുതിപരമായി പറയും നമ്മൾ പറയും മുഖസ്ഥുതി അതുപോലെ ഒരു മുഖസ്ഥുതിയാണെങ്കിൽ പറയുന്നതെങ്കിലോ പലരുടെയും ശ്രുതിയെ കുറിച്ച് അങ്ങനെയാ പറയുന്നത് ഭാവനയിൽ പറഞ്ഞത് കവിഭാവന ഭാവനയിലോന്ന് ഓരോന്ന് പറയും അതിനൊക്കെ ഒരു തത്വമായിട്ടെടുക്കണ്ട തത്വമസി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് നീ സത്താണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അയാളൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് നീ നശിക്കാത്തവനാണോ ദിവ്യനാണ് ശ്രേഷ്ഠനാണ് അത്രയൊരർത്ഥം അതിലെടുത്താൽ മതി എന്ന് ലാഘവത്തോടെ പറയുന്നവരുണ്ട് നാ വിസ്തുതി അനുപാസ്യത്വർ ചെയ്ത ഗീതോഹ പറയുന്നത് സ്തുതി അല്ല കാരണം സ്തുതി ഉപാസ്യമായേ സ്തുതിയുള്ളൂ അത് സേവകന്മാർ രാജാവിനെ സ്തുതിക്കുക എന്ന് വെച്ചാൽ രാജാവിനെ ഉപാസിക്കുകയാണ് രാജാവിനെ ഭജിക്കുകയാണ് ജീവൻ ദേവതയെ ഉപാസിക്കുന്നു എന്ന് വെച്ചാൽ ഭജിക്കുകയാണ് കാണാൻ കാര്യസാധ്യത്തിന് വേണ്ടി രാജാവിനെ എന്തിന് ഉപാസിക്കുന്നു രാജാവിൻ്റെ പ്രീതിക്ക് വേണ്ടി അതുകൊണ്ട് അർത്ഥകാമങ്ങളെല്ലാം ലഭിക്കും ദേവതയെ എന്തുകൊണ്ട് ഉപാസിക്കുന്നു ദേവതയുടെ പ്രീതിക്ക് വേണ്ടി അതുകൊണ്ടും അർത്ഥകാമങ്ങളെല്ലാം നേടാം ഇവിടെ അതുപോലെ സ്തുതിയല്ല എന്തുകൊണ്ട് നീ സത്താണ് എന്ന് പറഞ്ഞ് പിതാവ് പുത്രനെ സ്തുതിക്കേണ്ട കാര്യമൊന്നുമില്ല പിതാവിനെ സംബന്ധിച്ച് പുത്രാസ്യനല്ല അനുപാസ്യത്വത കേട്ടോ സത്യം ഉപാസ്യമല്ല േതുഗേതു ഉപാസ്യമല്ല രണ്ടു വന്നു സേതഗേതുവിനെ സത്തെന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചിട്ട് എന്താ പിതാവിന് കിട്ട ഒന്നും ഒന്നല്ലാത്തതിനു പറയുന്നിടത്ത് ഉപാസനം വരുത്തുള്ളു സത്യത്തെ ഇതാണെന്ന് നിർദ്ദേശിക്കുമ്പോൾ അത് ഉപാസനയുണ്ട് അത് ജ്ഞാനമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകമാണ് ഇത് ജ്ഞാനമാണ് ഇവിടെ ഉപാസന എന്ന് പറയുന്ന ഒരു അംശമേ ഇല്ല സാള ഗ്രാമത്തെ വിഷ്ണു എന്ന് ഉപാസിക്കേണ്ടി വരുന്ന എന്തുകൊണ്ട് അത് വിഷ്ണു അല്ല അതൊരു കല്ലാണ് ഒരു കല്ലിന്റെ കഷണമാണ് സളഗ്രാമത്തെ ഇത് സളഗ്രാമമാണ് കൽ കഷണമാണെന്നറിഞ്ഞാൽ അത് ഉപാസനല്ല അത് ജ്ഞാനം എന്തുകൊണ്ട് അതിനെ അതായിട്ടിറങ്ങി ഒരു വസ്തു എന്തോ അതിനായിട്ട് ഇറങ്ങി മറിച്ച് അത് വിഷ്ണു ആണോ ശശിവർണം ചതുർഭുജം എന്നെല്ലാം അതിനോട്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് പാസന എന്തുകൊണ്ട് അതന്നെ മുമ്പിലിരിക്കുന്നത് കണ്ണിൽ ചതുർഭുജവും ശശിവർണവും ഒന്നുമില്ല പക്ഷേ അങ്ങനെ ഭാവന ചെയ്യുന്നു കൃത്രിമമാണ് ആ ഭാവന പരമാർത്ഥത്തിൽ ഭാവനയുടെ ആവശ്യമുണ്ട് മ്മിന്റെ വ്യത്യാസം അവിടെയാണ് ഉപാസ്യമായിരിക്കുന്നത് ശ്രേഷ്ഠമായിരിക്കും അങ്ങനെയുണ്ട് തിരിച്ചു സംഭവിക്കാറില്ല ശിവലിംഗത്തെ ശിവനാണെന്ന് ബാധിച്ചു മറിച്ച് ശിവനെ ശിവലിംഗമായിട്ട് ബാധിക്കത്തില്ല അതിന്റെ ആവശ്യമുണ്ട് എന്തുകൊണ്ട് ശിവലിംഗം കരലാണ് വെറും പാറക്കഷ്ണമാണ് അതുകൊണ്ട് അതിൽ ശിവഭാവന വരുന്നു തിരിച്ചുപറ്റത്തില്ല എന്തുകൊണ്ടാണോ ശിവനെ പാറക്കല്ലാക്കാൻ പറ്റത്തില്ല വിഷ്ണുവിനെ സളഗ്രാമമാക്കാൻ പറ്റത്തില്ല അതല്ല വിഷ്ണുവിന് വിഷ്ണുവിൻ്റെതായ സ്വരൂപമുണ്ട് കല്ലിന് കല്ലിൻ്റെ സ്വരൂപമുണ്ട് മറിച്ച് സംഭവിക്കുന്നു അതുപോലെ ഇവിടെ എന്താണ് അനുപാസ്യമാണ് ചേതഗീര് ചേതഗീറിനെന്തിനാ സത്തായിട്ട് ഉപാസിക്കുന്നു മറിച്ച് അത് സംഭവിക്കത്തില്ലല്ലോ ഉപദേശേനസ്തൂയതേ അതുകൊണ്ടിവിടെ സത്യനേതേതുപറഞ്ഞു ശ്രുതിക്കുന്നു അങ്ങനെ ആരെയും ശ്രദ്ധിക്കാറുണ്ടോ ശിവനെ ശിവലിംഗം എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാറുണ്ടോ ശിവന ശില എന്ന് പറഞ്ഞ് ആരും ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ ശിവനെ അങ്ങ് ശിലയാണെന്ന് പറയാറില്ല ആ സംബന്ധമാണ് രാജാ ദാസിസി രാജാവിനെ സ്തുതിക്കാൻ വേണ്ടി ആൾക്കാരെ ഏൽപ്പിച്ചു അവർ സ്തുതിക്കുന്നു തൊമ ഇന്ദ്രഹ യമഹ അങ്ങനെ സ്തുതിക്കും മറിച്ച് സ്തുതിക്കുകയാണ് തൊമീന്ദ്ര യമഹ ദാസഹ നീപുരുത്യനാണെന്ന് പറഞ്ഞാൽ അന്നത്തോടു കൂടി സ്തുതി അവസാനം അങ്ങനെ ഒരിക്കലും ദാസസ്വം ഇതി സ്തുതി നാവിസർവാത്മന ഏകദേശ നിരോധയുക്ത തത്വമില്ല സത്ത് എന്താണ് സർവാത്മന സർവസ്വരൂപമായിരിക്കേണ്ടത് സർവത്തിൻ്റെ ആത്മാവായിരിക്കണമെങ്കിൽ സർവത്തിൻ്റെ സ്വരൂപമായിരിക്കുകയാണ് അതാണ് സർവമായിരിക്കുന്നത് അതല്ലാതെ സത്തിനെക്കുറിച്ചൊന്നും പറയാനില്ല നാമരൂപാത്മകമായ ഈ പ്രപഞ്ചമായിരിക്കുന്നത് ആ സത്താണ് സത്തിങ്ങനെ പ്രതീതമാകുന്നു എന്നേ ഉള്ളൂ അങ്ങനെ പറയാം സത്തിങ്ങനെ പ്രതീതമാകുന്നു അല്ലെങ്കിൽ പറയാം സത്തിൽ ഇതെല്ലാം സത്തിൽ നിന്നും വേർപെടുത്താൻ കഴിയാതെ പ്രതീതമാകുന്നു അതാണ് സദാത്മാ എന്ന് ഏതെങ്കിലും ഒരു ഉൾക്കൊടിയെ സത്തിൽ നിന്ന് വേറിടീക്കുക അത് സാധ്യമല്ല ആർക്കും സാധ്യമല്ല എന്തുകൊണ്ട് അവിടെയും അനുഭവം സദനുഭവമാണ് തത് അസ്ഥി എന്നുള്ള അനുഭവമാണ് സത്വം എന്നു പറയുന്ന ശ്രുതിയിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമല്ല അത് ജീവന്റെ അനുഭവമാണ് സത് എന്ന് പറഞ്ഞു സർവത്ര അനുസ്യതമായിരിക്കുന്ന അനുഭവമാണ് സർവത്ര സദനുഭവം അത് അനുസ്യതമായിരിക്കുന്നു സത്ത് തന്നെയാണ് സർവ്വ അനുഭവങ്ങളും ഒരു അനുഭവത്തിൽ നിന്നും സത്തിനെ വേർതിരിക്കാൻ വയ്യ സർവാനുഭവങ്ങളും ആ സത്തിലാണ് എന്നുള്ള ആ ബോധം ഇല്ലാത്ത കൊണ്ട് ഒരു നാജ്ഞനെന്ന് പറയും അങ്ങനെയുള്ളു അതുകൊണ്ട് പറയും സത സർവാത്മന സത്ത് സർവസ്വരൂപമാണ് അതിൻ്റെ പെരുന്ന സർവം ഖലിതം ബ്രഹ്മ അതാണ് പറയുന്നത് സത സർവാത്മന സർവസ്വരൂപം ഈ കാണുന്ന സർവവും ബ്രഹ്മമാണ് ഭക്ഷകാരൻ ഇതാണ് ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു പക്ഷെ എനിക്കങ്ങനെ കാണാൻ കഴിയുന്നില്ല ഒരാളെ പറയണെ നിങ്ങൾ പറയുന്നത് ശരിയാണ് സർക്ക സർവാത്മ സത്വ സർവ്വസ്വരൂപമാണ് എന്നാ പറയുന്നു എന്താണ് സർവവും സത് സ്വരൂപമാണ് എന്ന് പറയാത്ര അദ്വൈതം സർവവും സത് സ്വരൂപമാണ് തിരിച്ചു പറഞ്ഞാലും അത് അദ്വൈതം തന്നെ എന്താണ് സത് സർവസ്വരൂപമാണ് ഈ രണ്ടു ഭാഗം മനസ്സിലാക്കിയാലേ അദ്വൈതം പൂർണ്ണമാവുന്നു ഇവിടെ ഭാഷകാരാദ സത സർവാത്മന സത് സർവസ്വരൂപമാണ് ഇതാണ് അദ്വീതത്തെ കുറിച്ചുള്ള സമ്യജ്ഞാനം ശരിയായിട്ടുള്ള ആളുകൾ സർവവും സത്സ്വരൂപമാണ് സത് സർവസ്വരൂപമാണ് അത് രണ്ടു മനസ്സിലാക്കിയില്ലെങ്കിലൊരു ദോഷം വരും എന്താണ് സർവംഖലിതം ബ്രഹ്മ സർവവും ബ്രഹ്മമാണ് അത് മനസ്സിലാവും സർവവും ബ്രഹ്മം തന്നെ സർവവും ബ്രഹ്മം തന്നെയെങ്കിൽ പിന്നെ സർവവും നേദിന പറയും ബ്രഹ്മവൊന്നല്ലേ ഉള്ളൂ സർവമെന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുള്ളതിനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശബ്ദമാണ് സർവ്വം ഒരു കുട്ടി സർവകുട്ടികളും ഒരു പുഷ്പം സർവവും എല്ലാ പുഷ്പവും അങ്ങനെ സർവം ഒന്നിനെ കുറിച്ചല്ല പറയാം പലതിനെ കുറിച്ച് പറയാനാ സർവം ഖനിതം ബ്രഹ്മം എന്നെന് പറഞ്ഞു സർവമുണ്ട് ബ്രഹ്മവും ഉണ്ടല്ലോ രണ്ടെണ്ണത്തിന് അംഗീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ സർവ്വശബ്ദം പ്രയോഗിക്കേണ്ട കാര്യമില്ല എന്താ എൻ്റെ താല്പര്യം സർവവും ബ്രഹ്മവും പറയാൻ പറ്റും കാരണം ഏകം ഏവ അദ്വിതീയം എന്നാണ് പറയുന്നത് അത് ഏകമാണ് അദ്വിതീയമാണ് അതാണ് ബ്രഹ്മം പിന്നെ അതിനോടുകൂടി ചേർത്ത് സർവ്വശബ്ദം ഇങ്ങനെ പ്രയോഗിക്കാൻ പറ്റും സർവവും പലതായി ഇവിടെ പലതായിരിക്കുന്ന എല്ലാം മായ ബ്രഹ്മണന്ന് പറഞ്ഞാൽ അതിന് വൈരുദ്ധ്യം വരും പരസ്പര വിരുദ്ധം ഈ സർവ പുഷ്പവും ഒരു പുഷ്പമാണ് എന്ന് പറഞ്ഞ അതെന്താ അർത്ഥമുണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റും പറയുന്നു എന്താണോ ഒരജ്ഞന് സർവമായി പ്രതീതമായിരിക്കുന്നത് അനുഭവപ്പെടുന്നത് പലതായി അനുഭവപ്പെടുന്നത് അങ്ങനെ അനുഭവമുണ്ട് പലതായിട്ടുള്ള അനുഭവം ആ അനുഭവം പലതായി അനുഭവപ്പെടുന്നത് അത് ഏകമായ സത്തായ അദ്വിതീയമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഈ പലതാണെന്നുള്ള അനുഭവം പോകുന്നില്ല പറഞ്ഞ് താത്വികമായി പിടികിട്ടിയതാണ് ഇതെല്ലാം ഏകമാണ് ഏകമായ ഭ്രമമാണ് പലതായി അനുഭവപ്പെടുന്നത് പക്ഷെ അനുഭവത്തിൽ അവിടെ നിൽക്കുന്നത് വീണ്ടും പലതിന്റെ അനുഭവമാണ് ഏകത്തിന്റെ അനുഭവമല്ല ഏകമാണെന്നുള്ള കാര്യം താത്വികമായി ഒരാശയമെന്നുള്ള നിലയ്ക്ക് പിടികിട്ടിയതേ ഉള്ളൂ അനുഭവത്തിൽ പലതാണ് അപ്പൊ ഇതിൽ ഏതാ ശരി പലതാണെന്നുള്ള അനുഭവമാണോ അതോ ഏകമെന്നുള്ള അനുഭവമാണോ ഇത് രണ്ടു ശരിയാകുമ്പോഴില്ല ഗുരു പറയുന്നത് ഏകമാണ് അദ്വിതീയമാണ് ശിഷ്യന്റെ അനുഭവം പലതാണ് രണ്ടും പൊരുത്തപ്പെടുത്തില്ല ഓ പറയുന്നത് എന്താണോ ആ സർവമെന്നുള്ള അനുഭവം ഒന്നുകിൽ അതിനെ നിഷേധിക്കുക അല്ലെങ്കിൽ അതിനെ പൂർണ്ണമാക്കുക രണ്ട് രീതിയിലും പറയും രണ്ടു രീതിയിൽ അത് പറയാം നിഷേധിക്കാന്ന് പറഞ്ഞാൽ ഈ സർവമായിട്ടുള്ള ഈ അനുഭവം ഏതൊരനുഭവമാണോ നിലനിൽക്കുന്നത് ആ അനുഭവത്തിൻ്റെ ഒരു സമാധാനം വേണം എന്നാൽ അടുത്ത് പറയുന്ന ഏകമൊന്നുള്ള അനുഭവത്തെ സാധൂകരിക്കാൻ പറ്റും പറയുന്നു ഈ സർവമെന്നുള്ള ഈ അനുഭവം അത് പരമാർത്ഥമല്ല പരമാർത്ഥമല്ലാത്ത ഒരു അനുഭവം അനുഭവമായിരിക്കുക അത് പരമാർത്ഥമല്ലാതിരിക്കുക അതെന്താ അതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത് അനുഭവത്തിൽ ഇരിക്കുക അത് പരമാർത്ഥമല്ലാതിരിക്കുക അപ്പം ആ ബോധം പലതെന്നുള്ള ബോധം അത് ഭ്രാന്തിയാണ് പിന്നെ ഇതം എന്ന് പറഞ്ഞത് അത് യഥാർത്ഥമാണ് അങ്ങനെ ഇപ്പൊ ഭ്രാന്തിയെ സ്വീകരിക്കാൻ കഴിയില്ല അതിനുപേക്ഷിക്കുന്നു യഥാർത്ഥമായ തത്വത്തെ സ്വീകരിക്കുന്നു ഇതിങ്ങനെ സ്വന്തം അനുഭവത്തിൽ പലതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും തത്വത്തിൽ അതേകമാണ് അങ്ങനെ പറയുമ്പോൾ വരുന്ന ഇവിടെ രണ്ടനുഭവം ഉണ്ട് ഒരു ഭ്രാന്തി എന്ന് പറയുന്ന ഒരു അനുഭവം ്രഹ്മെന്ന് പറയുന്ന ഒരനുഭവം രണ്ടുണ്ടോ ഇവിടെ നിൽക്കാൻ പാടില്ല സർവഭ്രാന്തിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതവിടെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല അവസാനിപ്പിച്ചാൽ രണ്ടുപേരും ഒരു സത്യാനുഭവം ഒരു ഭ്രാന്തമായ അനുഭവം അത് ഏകം ബ്രഹ്മ അത് ശരിയാകത്തില്ല അവിടെ പറയുന്നു എന്താണ് അങ്ങനെ രണ്ടില്ല ഒന്ന് തന്നെ ഇതത് തന്നെയാണ് ആ ബ്രഹ്മം തന്നെയാണ് ഇങ്ങനെ പ്രതീതമാകുന്നത് ഏകം തന്നെയാണ് സർവമായി പ്രതീതമാകുന്നത് ഏകം സർവമായി പ്രതീതമായാലും ഏകമതല്ലാതായി മാറുന്നില്ല ഏകം തന്നെ അതുകൊണ്ട് സർവാത്മകമായിരിക്കുന്നത് ഏകമാണ് ഏകം തന്നെയാണ് സർവാത്മകമായിരിക്കുന്നത് രണ്ടു തരത്തിൽ സത്ത് തന്നെയാണ് സർവാത്മാവായിരിക്കുന്നത് സർവവും സത്ത് തന്നെ രണ്ടും ഏകമായി വരുന്നു അഭേദമായി വരുന്നു അതാണ് അദ്വയം അതിലൂടെ പറയുന്നത് സത് സർവാത്മനഹ സത് സർവാത്മാവായിരുന്നു സത്യ തന്നെ സർവവുമായിരിക്കുന്നു ഇവിടെ രണ്ട് ഒന്ന് സത്യം മറ്റൊന്നാസത്യം ഒന്ന് ഭ്രാന്തി ഒന്ന് യഥാർത്ഥം എന്ന് തിരിക്കാൻ പറ്റത്തില്ല താല്പര്യം ഒരിടത്തേ ഉള്ളൂ ഇവിടെ അദ്വയം അദ്വിതീയം ഏകം അതിനാണ് താല്പര്യം ഇനി ഒരാൾക്ക് നിർബന്ധമുണ്ട് അല്ല ഈ നാനാത്വം ഉണ്ട് പലതിന്റെ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറയാം മിർഷ അത് മിഥ്യ ഇത് ഏകമാണെന്ന് ബോധിപ്പിച്ചിട്ടും ഒരുവന് ബോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവന് ശേഷിക്കുന്നതാണ് മിർഷ മിഥ്യ അവന്റെ അനുഭവം പലതാണെന്നുള്ള അനുഭവം അത്രയുള്ളൂ മിഥ്യാത്വത്തിനർത്ഥം സദ സർവാത്മനഹ അങ്ങനെ സർവസ്വരൂപമായിരിക്കുന്ന ഈ സത്തിനെ ഏകദേശ നിരോധം അതിനൊരു മൂലയ്ക്ക് കൊണ്ടുവയ്ക്കുക അത് ശരിയാകത്തില്ല എന്താണ് ആ സത്ത് നീയാണ് നീ സ്വേതീതു നീ ആ സത്താണ് സത്തിനെ സ്വേതഗേതുവിൽ ഒതുക്കുക ബാക്കിയുള്ളത് അവൻ പറഞ്ഞത് ചേതഗേതുവിനെ സത്തായിട്ട് സ്തുതിക്കുക അത് ശരിയാകത്തില്ല തത്തുമസി അങ്ങനെ വ്യാഖ്യാനം എടുക്കരുത് ചേതഗേതു നീ സത്താണ് ചേതഗേദവിനെ സത്തായി സ്തുതിക്കുകയല്ല അതേതുപോലെ ആയിപ്പോ ദേശാധിപത്യ ഗ്രാമാധ്യക്ഷ സ്വമിതി അത് മന്ത്രിയോട് പറയണം നീ പഞ്ചായത്ത് പ്രസിഡന്റാണോ അതുപോലെ ഇരിക്കും മന്ത്രിക്ക് ദേഷ്യം വരാതിരിക്കും വളരെ പ്രയാസപ്പെട്ട് മന്ത്രിയായിട്ട് ദിനം പറയണു പഞ്ചായത്ത് പ്രസിഡന്റ് ആയുള്ളു ദേശാധിപതിയ ഗ്രാമാധ്യക്ഷൻ എന്ന് പറയുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ സേതകേതു കേവല ജീവൻ ആ ജീവനെ സത്താണ് ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞിവിടെ ശ്രുതിക്കുകയല്ല ഇവിടെ ഉപദേശിക്കുന്നത് സർവാത്മഭാവം സത്വ സർവസ്വരൂപമായിരിക്കും അവിടെ താൻ അതിന് പ്രാധാന്യമൊന്നുമില്ല വേറൊരു തരത്തിൽ പറഞ്ഞാൽ തത്വജ്ഞൻ ആ തത്വജ്ഞാനം അതിൽ വ്യക്തിത്വത്തിന് പ്രാധാന്യമുണ്ട് ആ വ്യക്തിത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരവിടെ ആരോപിക്കുന്നതാണ് അതൊരു വ്യക്തിയാണ് അതൊരു തത്വമാണെന്ന് ഗ്രഹിക്കാൻ മതി അതുകൊണ്ട് ഇവിടെ ശ്രുതി ഉപദേശിക്കുന്ന എന്താണ് സത്ത് സർവാത്മാവാണ് സർവ്വസ്വരൂപമായിരിക്കുന്ന അതാണ് അപ്പൊ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം നീ വേറെ ഞാൻ വേറെ എന്നുള്ള അനുഭവമില്ല അങ്ങനൊരനുഭവം അവിടെ ഇല്ല നീ നികൃഷ്ഠനാണ് ഞാൻ ശ്രേഷ്ഠനാണ് അങ്ങനൊരു അനുഭവമില്ല നീ ശിഷ്യനാണ് ഞാൻ ഗുരുവാണ് അങ്ങനെ ഒരു ഭേദചിന്തയില്ല അല്ലെ ഗുരുവിനായിട്ട് ശിഷ്യാന്ന് പറയുന്നു ഏതെങ്കിലും ഒരു ഭേദചിന്തയിൽ അധിഷ്ഠിതമല്ലാത്ത തത്വവും ഞാൻ പറയുന്നത് അവിടെ അതിന് യാതൊരു നിലയുമില്ല തത്വഞ്ജനെ സംബന്ധിച്ച് വരെ ഒരനുഭവം ഉള്ള എന്താണ് സദ സർവാത്മ സത്താണ് സർവുമായിരിക്കുന്നത് താൻ തന്നെയാണ് സർവുമായിരിക്കുന്നത് യശ്ന സർവാണിഭൂതാനി ആത്മീയവഭൂത് വിജാന ഈശാവാസ്യത്തെ നമ്മൾ ചർച്ച ചെയ്തത് സർവാണി ഭൂതാനി ആത്മീയവഭൂതെന്നാ പറയുന്നത് സർവഭൂതങ്ങളും താൻ തന്നെയായി തീർന്നു അവിടെ വേറിട്ടും നിൽക്കുന്നില്ല തന്നിന് എന്തെങ്കിലും വിശേഷിച്ച് വൈശിഷ്ട്യം വിശിഷ്ടത മഹത്വം ഇതൊന്നും കണ്ടെത്തുന്നതല്ല തത്വജ്ഞാനം തത്വജ്ഞാനത്തിൽ അതില്ല കാരണം താൻ എന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ മഹത്വത്തെ കാണാൻ പറ്റും തന്നിൻ്റെ വിശേഷത വൈശിഷ്ടത്തെ എങ്ങനെ കാണാൻ പറ്റും തന്നിൽ എന്ത് അസാധാരണത്വം കാണാൻ പറ്റും ഒന്നുമില്ല ഒന്നും സംഭവിക്കുന്നില്ല അസ്വിൻ സർവാണി ഭൂതാനി ആത്മീയ ഭൂ സർവ്വവും താൻ തന്നെ ആയിരിക്കുമ്പോൾ നികൃഷ്ടമായ ഒന്നുണ്ടെങ്കിലല്ലേ ഒരിടത്ത് ഉത്കൃഷ്ടത വരത്തുള്ളൂ പൂജ്യമല്ലാത്ത ഒന്നുണ്ടെങ്കിലല്ലേ ഒരിടത്ത് പൂജ്യത വരത്തുള്ളൂ അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ടുകൂടെ സേതഗേതു എന്ന് പറയുന്ന വ്യക്തിയിൽ എന്തെങ്കിലും മഹത്വത്തെ പറയുകയാണ് നീ സത്താണ് അത് സർവാത്മകമായിരിക്കുന്ന ആത്മതത്വത്തെ സങ്കോചിപ്പിക്കുന്നതായിരിക്കും അതുകൊണ്ട് തത്വജ്ഞനൊരിക്കലും അങ്ങനെ കരുതത്തില്ല എന്താണ് താൻ ദിവ്യനാണ് ശ്രേഷ്ഠനാണ് പൂജ്യനാണ് മഹാത്മനാണ് മഹാത്മാവാണ് അങ്ങനെ സ്വയം കരുതത്തില്ല കരുതുന്നുണ്ടെങ്കിൽ അവിടെ തത്വജ്ഞാനമില്ല മറ്റെന്തോ ജ്ഞാനമുണ്ട് അതിന്റെ ആവശ്യമുണ്ട് അത് ഇതുപോലെയാണ് ദേശാധിപതിയെ ഗ്രാമാധ്യക്ഷൻ എന്ന് പറയുമ്പോഴേ ഉള്ളൂ സർവാത്മാവായിരിക്കുന്നത് തന്നെ ഈ ശരീരത്തിനോട് പരിമിതപ്പെടുത്തി ഈ ശരീരത്തിൽ ഇരിക്കുന്ന എന്തോ ഒരു ദിവ്യമായ സാധനം എന്ന് കരുതുന്നത് അല്ല തത്വം ഞാനാണ് അന്യാഗദ്രഹ സദാത്മത്വോപദേശ എന്ന് പറയുന്ന ഇവിടെ സദാത്മഭാവമാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത് ആ സത്ത് സർവസൃഷ്ടിക്കും ഹേതുവായിരിക്കുന്നതാണ് ആ സത്ത് സർവ്വസൃഷ്ടിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് അതിനെ വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല നേരിട്ട് പറഞ്ഞത് നീ സത്താണ് ഇതിന് ഇനി എന്താ വേറെ വ്യാഖ്യാനിക്കാൻ സ്പഷ്ടമാണ് ത്വം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം സത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ഇത് മനസ്സിലാക്കാമെന്നുള്ള ആർക്കും വേറെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല നീ സത്താണ് ഇങ്ങനല്ല ഇതിനൊരർത്ഥം ഇല്ല നന്യഗതി നിങ്ങൾ ഇനി ഏതെല്ലാം ചിന്തിച്ചിട്ട് ഇതിനെ വേറെ ഏതെല്ലാം തരത്തിൽ മാറ്റാനോ മറിക്കാനോ ശ്രമിച്ചാലും ഇതിന്റെ നേരർത്ഥം നേരിട്ടുള്ള അർത്ഥം ഇതാണ് സദാത്മത്വ ഉപദേശിച്ച അത് തന്നെയാണ് ഉപദേശിക്കുന്നു സദാത്മാ സത് സ്വരൂപം അത് കേവലം ഞാൻ സത്താണെന്ന് മാത്രം ധരിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം മുതലേ തുടങ്ങിയതാണ് സദൈവ സൗമ്യ ഇതമന്ദ്ര ആ സത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സർവ്വകാരണമായിരിക്കുന്ന സത് സർവാത്മാവായിരിക്കുന്ന സത്ത് അത് ബോധിക്കാത്തടത്തോളം കാലമേ ഇവിടെ മിഥ്യ എന്ന് പറയുന്നതിനർത്ഥം മിഥ്യ എന്ന് പറയുന്ന ശബ്ദത്തിനൊരർത്ഥം ബോധിച്ചില്ലെങ്കിൽ ശരിയാണ പറയാറുണ്ടല്ലോ പലയിടത്തും ഞാനീ ഈ പ്രപഞ്ചത്തെ ഒരു മരീചിക പോലെ കാണുന്നു ായി കാണുന്നു എന്നൊക്കെ പറയാറുണ്ടോ അതിന്റെ അർത്ഥം ഒന്നുമില്ലേ അതിന്റെ അർത്ഥം നമ്മൾ ധരിക്കുന്ന പോലെ ജ്ഞാനേ സത്യമായ ആത്മാവിനെയും മിഥ്യയായ ജഗത്തിനെയും രണ്ടെണ്ണം കാണുന്നു എന്നല്ല അങ്ങനെ തോന്നിപ്പോ അതല്ല ഇവിടെ പറയുന്ന അദ്വൈതജ്ഞ അങ്ങനെ രണ്ടനുഭവാനോ ഒരു അനുഭവം ഉള്ളു ജ്ഞാനിക്ക് സച്ചിദാനന്ദ അനുഭവം അതൊന്നേ ഉള്ളൂ അതിന്ന് വേറിട്ട് അനുഭവമുള്ളവരോട് പറയുകയാണ് നിന്റെ അനുഭവം വേറിട്ടുള്ള അനുഭവം അവിടെയാണ് മിഥ്യാർത്ഥം അജ്ഞന്റെ അനുഭവത്തിലാണ് മിഥ്യാർത്ഥം തൻ്റെ അനുഭവത്തിൽ തൻ്റെ അനുഭവത്തിൽ സത്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നാന്യാഗതി ഇതിനെ വേറൊരു തരത്തിൽ ഇതിനെ മാറ്റാനും മറിക്കാനൊന്നും സാധ്യമല്ല ശ്രുതിയെ സദാത്മത്വം ഉപദേശ സദാത്മത്വത്തെ ഉപദേശിച്ചിരിക്കുന്നു ഇവിടെ എല്ലായിടത്തും ശ്രുതി ഭാഷയത്തിന് ഈ സദാത്മത്വം എന്നുള്ളതിനാണ് ആവർത്തിക്കുന്നത് തത്വമസീദർത്ഥമായിട്ട് സദാത്മ മറ്റൊരു ശബ്ദം പോലും പ്രയോഗിച്ചിട്ടില്ല ബ്രഹ്മമെന്നോ ഈശ്വരൻ എന്നോ ഒന്നും പറയുന്നില്ല ലേഖനങ്ങളിലെല്ലാം പറയുന്നുണ്ട് സംഭവതി വേറെ ഏതെങ്കിലും തരത്തിലുള്ള അർത്ഥം ഈ സർവാത്മഭാവം അല്ലാതെ ഇതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അർത്ഥത്തെ സ്വീകരിക്കാൻ പാടില്ല പക്ഷെ ഓരോരുത്തരും എന്താ ഇത് ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിക്കുന്നു ശിഷ്യന്റെ ആഗ്രഹം എന്താണോ എനിക്ക് ബ്രഹ്മമാവണം അല്ലെങ്കിൽ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാവണം തന്റെ ആഗ്രഹവും തന്റെ ഇച്ഛയും തന്റെ അറിവും തന്റെ പ്രവൃത്തിയെല്ലാം കേവലം വ്യക്തിനിഷ്ഠമാണ് ഇവിടെ അതിനെയൊക്കെ നിഷേധിക്കുകയാണ് നിഷേധിച്ചിട്ട് എന്ത് ചെയ്യുന്നു സദാ സർവാത്മഭാവത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് അതും ശരിയല്ല ഇതിന് ഈ സർവാത്മഭാവം എന്നിവിടെ പറയുന്നു തത്വമസി സത്താണ് എന്ന് പറയുന്നത് ഇതൊരനുഭവമാണോ തത്വ അനുഭവമാണോ അത് കേവലം ഒരു അറിവാണോ കേവല അറിവും തത്വ അനുഭവത്തിന് വ്യത്യാസമുണ്ട് കേവല അറിവെന്ന് പറയുമ്പോൾ ഇത് പുസ്തകമാണെന്നറിയുന്നു ഇത് മേശയാണെന്നറിയുന്നു ഭൂമിയാണെന്നറിയുന്നു ഇത് ചന്ദ്രനാണെന്നറിയുന്നു ഇതാണ് കേവല അറിവ് എന്ന് പറയുന്നത് ഏത് വസ്തുവിനെ സംബന്ധിച്ചും കേവലമായ അറിവുണ്ടാവാം ആത്മാവിനെ സംബന്ധിച്ചും ഉണ്ടാവാം ആത്മാവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു സയൻസും കണക്കുമൊക്കെ പഠിക്കുന്നു പുസ്തകം വായിച്ച് മനസ്സിലാക്കുന്നു അതിനെ കുറിച്ചൊരു അറിവുണ്ടാകും എന്താണ് സത്താണ് നശിക്കാത്തതാണ് പുസ്തകത്തെ കുറിച്ചറിയുന്നു ഇത് നശിക്കുന്നതാണ് ആത്മാവിനെ കുറിച്ചറിയുന്നത് നശിക്കാത്തതാണ് ഇത് രണ്ടും അറിവാണ് രണ്ടിനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഈ അറിവ് എപ്പോഴും നീക്കുന്നില്ല പ്രസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് നശിക്കുന്നതാണെന്ന് അറിയുന്നു ചിന്തിക്കാതിരിക്കുമ്പോൾ അറിവില്ല ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അറിയും എന്താണത് നശിക്കാത്തതാണോ ചിന്തിക്കാതിരുന്നാലും അറിവുമില്ല വന്നുപോകുന്ന അറിവ് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവ് ചിന്തിക്കാതിരിക്കുമ്പോൾ ഇല്ലാത്ത അറിവ് സാധാരണ എല്ലാ അങ്ങനെയാണ് തൽക്കാലത്തേക്ക് വരുന്നു പോകും പിന്നെ പുതിയത് പുതിയൊരറിവ് വരുമ്പോൾ പഴയ അറിവ് പോകും രണ്ടറിവിനും കൂടെ നിക്കാൻ കഴിയാതെ വരുമ്പോൾ ഒന്ന് മാറിക്കൊടുക്കുന്നു അവിടുത്തെ പിന്നെ പുതിയ അറിവ് വരുന്നു പഴയ അറിവ് പോകും അതുപോലെ പഠിക്കുന്നു നമ്മളെന്താ പറയുന്നു നമ്മൾ ശാസ്ത്രം പഠിക്കുന്നു ശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ആത്മാവ് അനാത്മാവ് ഒരുപാട് വിഷയങ്ങൾ ബുദ്ധിയിൽ സംഭരിക്കുന്നു അങ്ങനെ നമ്മുടെ ബുദ്ധിയിൽ ഗ്രഹിക്കുന്നതിനുള്ള ഒരു വിഷയത്തെ ഇവിടെ ബോധിപ്പിക്കാമോ അതാണ് ഞാനു സദസ്മിതി ബുദ്ധി മാത്രം ഇഹ കർത്തവ്യതയാ ചോദ്യത്തെ ഇങ്ങനെ ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കണം വളരെ പണിപ്പെട്ട് കർത്തവ്യമാണ് ഉണ്ടാക്കിയെടുക്കേണ്ട അറിവാണ് പഠിച്ചെടുക്കുന്ന അറിവാണ് എന്ത് അറിവ് സദാസ് ഞാൻ സത്താണ് അങ്ങനെ ഒരു അറിവ് ഇരുന്നിട്ട് എന്താ പ്രയോജനം മറ്ററിവ് പോലെ ഉള്ളൂ അറിവ് നശിച്ചുപോകുന്നതാണ് കാരണം ഈ അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ പഠനം യത്നം പരിശ്രമം ഈ സത്താണ് ഒരറിവുണ്ടാകുന്നു അല്പം കഴിഞ്ഞ് ഓർമ്മ വരുമ്പോൾ ഞാൻ ഇന്നാരാണ് രാമനാണ് കൃഷ്ണനാണ് പുരുഷനാണ് സ്ത്രീയാണ് അവിടെ മറ്റേ അറിവുണ്ടോ സത്താണെന്നുള്ള അറിവുണ്ടോ ഇല്ല ആറിവിനനുസരിച്ചുള്ള പ്രവൃത്തി ഉണ്ടോ ഇല്ല ആ പ്രവൃത്തി അറിവിനുസരിച്ചുള്ള വികാര വികാരങ്ങളെല്ലാം ഉണ്ടോ ഇല്ല പ്രതീക്ഷണം അന്ധക്കണ്ണത്തിൽ മാറി മാറി മറയുന്ന അറിവിലൊരറിവാണ് ഞാൻ സത്താണെന്നുള്ള അറിവ് അങ്ങനെ ഒരു അറിവാണ് അവിടെ നിർദ്ദേശിക്കുന്നത് ഇതും വൈദികമായ കർമ്മങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടതാണ് ആ രീതിയിലുള്ള ഭക്ഷ്യക്കാര് വൈദിക കർമ്മങ്ങൾ ചില ചെയ്യുന്നിടത്ത് ഇങ്ങനെ ചില അറിവുകളുടെയൊക്കെ ആവശ്യമുണ്ട് ഇതിനെ ഇങ്ങനെ ഒരറിവ് നിനക്കുണ്ടാകുക യൂപത്തെ നീ ആദിത്യനാണെന്ന് അറിയുക എന്നെല്ലാം പറയുന്ന പോലെ അങ്ങനെ ഒരു അറിവിനെ കർത്തവ്യതയ ചോദ്യത്തെ ഇവിടെ വിധിക്കുന്നു നീ സത്താണെന്ന് അറിയണം അങ്ങനെ അറിയാം പക്ഷെ ആ അറിവുകൊണ്ട് കൃതാർത്ഥതയുണ്ടാവും നഷ്ടപ്പെടുന്ന ഒന്നുകൊണ്ട് അങ്ങനെ കൃതാർത്ഥതയുണ്ടാവും ഏന അശ്വതം ശ്രുതം ഭോതി ഏന മതം മതം ഇതെല്ലാം സംഭവിക്കുന്നില്ല ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാ അതാണോ അല്ല ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അജ്ഞാതം സദാ സിജ്ഞാപ്യത ബുദ്ധിയിൽ ഒരു അറിവിനെ കൂടി സമ്പാദിക്കാൻ പറയുകയല്ല മനസ്സെന്താണോ തന്നെ സംബന്ധിച്ച് ഒരറിവില്ലായ്മ ഉണ്ടായിരുന്നു ആ അറിവില്ലായ്മയെ നീക്കാൻ ആവശ്യപ്പെടുക സദസ്മി അജ്ഞാതം സദസീതി അതാണ് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നു ഇങ്ങനെയാണ് എന്നാണ് മറുപടി പറയുന്നത് രണ്ടും രണ്ടാണ് രണ്ടും വ്യത്യാസം എന്താണ് ഇത് പുസ്തകമാണ് എന്നറിയുന്നു ഇത് പുസ്തകമാണെന്നറിയണമെങ്കിൽ ഇത് ആ അറിവിനു മുമ്പിൽ ഒരു വിഷയമായാലേ പറ്റൂ ഇതിന് പുസ്തകം എന്നറിയാം അറിയുന്നവൻ സ്വയം പുസ്തകമാണെങ്കിൽ ഇത് പുസ്തകം എന്ന് അവനെ അറിയാൻ പറ്റൂ ഈ അറിവുണ്ടാകുമോ ഉണ്ടാകത്തില്ല അവന് പറയുന്നു ഇതന്തയാ ഗ്രഹിക്കുന്നു ഇതായിട്ട് ഗ്രഹിക്കുന്നു ഈ ശരീരാദികളിൽ അഭിമാനമുള്ള ഒരുവൻ ശരീരത്തിൽ അഭിമാനിച്ചിരിക്കുമ്പോൾ അവൻ ഗ്രഹിക്കുകയാണ് ഞാൻ ആത്മാവാണ് ഞാൻ സത്താണെന്ന് ഗ്രഹിച്ചാൽ എന്തിനായിരിക്കും ഗ്രഹിക്കുന്നത് ഇത് പുസ്തകമാണെന്ന് അറിഞ്ഞതുപോലെയുള്ള ഒരറിവേ ആവുള്ളൂ എന്തുകൊണ്ട് അവിടെ ഞാൻ എന്നുള്ളതുകൊണ്ട് അവൻ ഗ്രഹിക്കുന്ന ഈ സംഘാതത്തെയാണ് ശരീരസങ്കാത മനസ്സും കർണങ്ങളും എല്ലാം ചേർന്ന് ഇതിനെയാണ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഞാൻ ഈ പിഡം ഇത് സത്താണ് എന്നറിയുന്നു അതുകൊണ്ട് വിശേഷതയൊന്നുമില്ല കാരണം ഈ നശിച്ചുപോകുന്ന ഈ പിഡം ഇതിന് സത്തം നിറഞ്ഞിട്ട് എന്താ വിശേഷത അത് സത്യവുമായിട്ട് നിരക്കുന്ന കാര്യമുണ്ട് അതിനെ തന്നെയാണ് ശരീരാത്മബുദ്ധി ശരീരത്തിലുള്ള ആത്മബുദ്ധി അതേ ശരീരത്തിന് വേറൊരു പേരിട്ട് സത്തന്നോ ആത്മാവെന്നോ ബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ ചൈതന്യം എന്നൊക്കെ പേര് മാറ്റിയിട്ടെന്നേ ഉള്ളൂ വിശേഷിച്ച് അന്നും സംഭവിച്ചല്ലോ അതാണ് ബുദ്ധിനിഷ്ഠമായ അറിവ് രണ്ടും കൊണ്ട് വ്യത്യാസത്തെ കുറിച്ച് പറയുക അത്തരവല്ല ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നത് എന്താണ് അജ്ഞാതം സദാസിബോധിപ്പിക്കുക ഇപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം അറിവിന്റെ വിഷയങ്ങളെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽപ്പെടുന്ന ഒരറിവല്ല സത്താണെന്നുള്ള അറിവ് പക്ഷേ ഇപ്പം ഞാൻ എന്നെ സത്താണെന്ന് അറിയുകയാണെങ്കിൽ അത് അതിന്റെ കൂട്ടത്തിൽപ്പെടും എന്തുകൊണ്ട് ഞാനാകുന്ന വിഷയത്തെ ഞാൻ സത്തായി അറിയും ഇത്രയും ആ ബുദ്ധിയിൽ അങ്ങനെ ഒരറിവുണ്ടായി ശാസ്ത്രമല്ലെങ്കിൽ ഗുരു പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അജ്ഞനായ ഒരുവിനോട് പറയുന്നത് ഈ ബ്രഹ്മമാണ് എന്താ വിശേഷിച്ചു അവൻ ഇതുവരെ തന്നെ രാമർ പേര് കൊണ്ടറിഞ്ഞിരുന്നു ഇപ്പോ ബ്രഹ്മെന്ന് പറയുന്ന ഒരു പേര് കൊണ്ടറിയിരുന്നു നാമത്തിൽ മാറ്റം വന്നതേ ഉള്ളു എന്റെ അറിവിലൊരു മാറ്റം വന്നില്ല അജ്ഞാതമായിരുന്നെന്താണോ അതവന് വെളിപ്പെട്ടില്ല അവനിലെന്താണോ അജ്ഞാന സംശയവിപത്തിൽ തടസ്സങ്ങളായിരുന്നത് അവന്റെ സ്വരൂപം പ്രകാശിക്കുന്നതിന് ആ തടസ്സം മാറിയില്ല അത് ഈ ശരീരത്തിൽ ജ്ഞാനം നിറയുന്നത് കൊണ്ട് മാറാത്തതുപോലെ ഈ പെണ്ടത്തെ സത്തം നിറഞ്ഞാലും മാറത്ത അവിടെ അജ്ഞാതമായി ഒന്നിനെ ജ്ഞാപിപ്പിക്കുന്നില്ല ഏതെന്തിനെ സംബന്ധിച്ചാണോ അജ്ഞാനം ഉണ്ടായിരുന്നത് ആ അജ്ഞാനം മാറുന്നില്ല അറിവുണ്ട് അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ പരോക്ഷം അപരോക്ഷം എന്നെല്ലാം പറഞ്ഞ് വേർതിരിക്കുന്നത് രണ്ടായിത്തിരിക്കുന്നു അതുകൊണ്ടിവിടെ എന്താണ് അജ്ഞാതമായതിനെ അത് ജ്ഞാപിപ്പിക്കാത്തടത്തോളം കാലം എന്ന് വെച്ചാൽ അജ്ഞാനത്തെ നിവർത്തിപ്പിക്കാത്തടത്തോളം കാലമുണ്ടോ എന്തിനെ സംബന്ധിച്ചോളം തന്നെ സംബന്ധിച്ചോളം താൻ ഈ പിണ്ടമാണെന്ന് അറിയുന്നതാണ് അജ്ഞാനം താൻ സത്താണെന്ന് അറിഞ്ഞാലും ആജ്ഞാനം നിവർത്തിച്ചില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമൊന്നും അജ്ഞാതത്തെ ജ്ഞാപ്യമാക്കുന്നുണ്ട് അജ്ഞാന നിവൃത്തി സംഭവിക്കുന്നില്ല അതിനെ എപ്പോഴാ അജ്ഞാനത്തി സംഭവിക്കുന്നു ഞാൻ സത്താണെന്ന് അറിഞ്ഞിട്ട് അജ്ഞാനത്തി സംഭവിച്ചില്ലെങ്കിൽ സത്താണ് നിറഞ്ഞിട്ട് ഞാൻ അന്ന് കുറച്ച് സംഭവിച്ചില്ലല്ലോ അല്ല ഇനി എപ്പോഴാണ് സംഭവിക്കുന്നത് എന്തിനാണ് നിറഞ്ഞത് വിഷയത്തെ ബുദ്ധിയുടെ വിഷയമായിരിക്കണെ പിണ്ടത്തെയാണ് സത്വം നിറഞ്ഞത് ശ്രുതി എന്താണ് ബോധിപ്പിക്കുന്നത് സ്വരൂപത്തെയാണ് സത്വം ബോധിപ്പിക്കുന്നത് രണ്ടെന്നുമില്ല വ്യത്യാസം ശരി സ്വരൂപത്തെ റിഞ്ഞു അത് കേവലം ഒരു അവകാശവാദമാണ് എന്തുകൊണ്ട് പറയുന്നു എന്നിട്ടും അജ്ഞാനുപൂർത്തി സംഭവിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ സ്വരൂപത്തെ അല്ല ഗ്രഹിച്ചത് സത്യനെ സ്വരൂപമായിട്ടല്ല ഗ്രഹിച്ചത് സ്വനെ സ്വരൂപമായി ഗ്രഹിക്കുമ്പോൾ അവിടെ അജ്ഞാനെന്ന് പറഞ്ഞു സംഭവിക്കുന്നു അതാണ് എൻ്റെ അടയാളം ഒരു ചോദ്യവും എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല എന്നൊരു ചോദ്യവും ആ ചോദ്യം ഉണ്ടെങ്കിൽ സത്തിനെ സ്വരൂപമായിട്ടല്ല ഗ്രഹിച്ചത് വിഭിണ്ഡമായിട്ടാണ് ഗ്രഹിച്ചത് ആ സത്തിനെ അങ്ങനെ ഗ്രഹിക്കാൻ പറ്റും അതാണല്ലോ ഇവിടെ ബോധിപ്പിക്കുന്നത് സദാ ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്തിനോധിപ്പിക്കണം ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബോധിപ്പിക്കുന്നത് അത് ആഗ്രാഹ്യമൊന്നും പറയുന്നുണ്ടല്ലോ പിന്നെ വീണ്ടും അതിനെ ഗ്രഹിക്കാനും പറയും അതെങ്ങനെ സംഭവിക്കും അവിടെ ഗ്രഹണം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ എന്താണ് അജ്ഞാന നിവൃത്തിയാണ് ആഗ്രഹണം ആരോപനിവൃത്തിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അതിനെ നിങ്ങളുടെ അറിവിനു വിഷയമാക്കുകയല്ല അതിനെ അറിവിനെ വിഷയമാക്കി ഗ്രഹിക്കണമെന്ന് വെച്ചാൽ അജ്ഞാനം നിവർത്തിക്കുന്നില്ല അതാണിവിടെ പറയുന്നത് അജ്ഞാത സദസി അവിടെയാണ് അതിന്റെ മർമ്മഭാഗം എന്ന് പറയുന്നത് ഈ ഉപദേശം അജ്ഞാന നിവർത്തിക്ക് ഉതകണം എന്ന് താർപ്പര്യം അത് കൃത്രിമമായ ജ്ഞാനം കൊണ്ടത് സാധ്യമാകത്തില്ല അത് കേവലം ബുദ്ധിനിഷ്ഠമായ ഒരു അറിവല്ല അസ്മിൻ പക്ഷേ പി അശ്രുതം ശ്രുതം ഭവതി ഇത്യാദി അനു വന്നു അശ്രുത ശ്രുതംഭവതി ഇതൊന്നും ശരിയാകത്തില്ല എങ്ങനെ കേവലം ബുദ്ധിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അസുഖമായ ദുസുഖമാകുന്നൊന്നുമില്ല അറിയുന്നു അത്രമാത്രം വിശേഷിച്ച് ഫലമൊന്നും കാണുന്നില്ല സദസ്മി ബുദ്ധിവിധേഹി സ്തുത്യർത്ഥത്വ അതുകൊണ്ട് സദസ്മി ത്വം സദാസി എന്ന് പറയുന്നത് സ്തുതിയാണ് ശരിയല്ല സിദ്ധാന്തം പറയുന്നു ആചാര്യവാൻ പുരുഷവേദരം അവിടെ പറയുന്നുണ്ടല്ലോ തത്വമസി എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു ആചാര്യവാൻ പുരുഷവേദ എന്ന് ഇതിനെ ബോധിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഇത് ബോധിക്കത്തുള്ളൂ എന്നാലേ ഇത് ബോധിക്കാൻ പറ്റൂ അവിടെ ആചാര്യന് പ്രാധാന്യമുണ്ട് ഗുരുവിന് പ്രാധാന്യമുണ്ട് എന്താ ഗുരുവിന്റെ പ്രാധാന്യം കാരണം വേദാധ്യനത്തിൽ തന്നെ കേട്ട കാര്യമാണ് തത്വമസി അവിടെ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ് സദസി സദസ്മി ഞാൻ സദാസ്മി പക്ഷെ വിശേഷിന്ന് സംഭവിച്ചിരുന്നു എന്ന് വെച്ചാൽ ആ അറിവ് അജ്ഞാനാദി ദോഷങ്ങളെ നീക്കിയില്ല ഈ അറിവുണ്ടായി ആ ദോഷങ്ങൾ ആ അറിവിനെ അജ്ഞാനാദി ദോഷങ്ങളെ മാറത്തക്ക രീതിയിൽ അറിവിനെ തെളിയിച്ചു കൊടുക്കുന്നതാണ് ഗുരു അതാണ് ചെയ്യുന്നത് ശ്രവണ മനന നിധ്യാസനങ്ങൾ അത് ഗുരുവിന്റെ സഹായം കൂടാതെ സാധ്യത വേദാധ്യനം എന്ന് പറയുമ്പോൾ കേട്ടു ഒരാൾ ചൊല്ലിക്കൊടുക്കും അവിടെ ഒരു ഗുരുവുണ്ട് അർത്ഥസിദ്ധമാണ് വേദം ഗുരുവിൽ കൂടിയല്ല കേൾക്കാൻ പറ്റത്തില്ല ഒരാൾ ചൊല്ലിക്കൊടുക്കണോ പക്ഷെ ശ്രവണമനന നിധ്യാസനങ്ങളും കൂടെയുണ്ട് ഇവിടെ തത്വവിചാരം സംഭവിച്ചു ബുദ്ധി ഉറക്കുമ്പോ തന്നെ കേട്ട തത്വമസ് ചെയ്യുന്നു മനസ്സിൽ പറഞ്ഞു അതുകൊണ്ട് വിശേഷിച്ചൊന്നും സംഭവിച്ചില്ല പക്ഷെ ഗുരുവിന് ഒരു ജോലിയുണ്ട് എന്താണോ ശ്രവണമനന വിദ്യഹാസനങ്ങളിലൂടെ ആ ജീവനെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക അതുകൊണ്ട് പറഞ്ഞു ആചാര്യവാന് അതാണ് അവിടെയാണ് ആചാര്യന്റെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ കേവലം ഒരു ബുദ്ധിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ ആചാര്യന്റെ ആവശ്യമുണ്ട് അവിടെ എന്ന് വെച്ചാൽ ശ്രവണ മന്നനങ്ങളുടെ ആവശ്യം ശ്രുതി പറഞ്ഞു അസി നീ സത്താണ് അവനുധരിച്ചു ഞാൻ സത്താണ് എന്താ വിജയിച്ചെന്തെങ്കിലും സംഭവിച്ചു അജ്ഞാന സംശയങ്ങളവിടെ മാറിയല്ല അജ്ഞാന സംശയ വിപരീതങ്ങളെ മാറ്റത്തക്ക രീതിയിൽ ശ്രവണമനീതിഹാസനത്തിലെത്തിച്ചേർന്നു അത് ആചാര്യന്റെ സഹായത്താലേ പറ്റും ആവർത്തി അതിന്റെ ആവർത്തികൊണ്ടേ സാധ്യമാണ് കേവലോപദേശം കൊണ്ടേ സാധ്യമല്ല കേവലോപദേശം എന്ന് വെച്ചാൽ ഇല്ലാതെയുള്ള ഉപദേശം ഇത് ആ നിലയിൽ എത്തിയൊരു ഇതിനെ കുറിച്ച് പറയുകയാണ് എന്താചാര്യൻ ഗുരു എന്ന് പറഞ്ഞാൽ ശ്രവണ മന്ന മാത്രം സഹായിക്കുന്ന ആളാണോ അതല്ല ഇവിടെ ധ്യയനം ചെയ്തു തത്തുമസി എന്ന് പറയുന്നതിന്റെ ശരിയായ അർത്ഥത്തെ ഗ്രഹിക്കാൻ പാകമായൊരു കാര്യം പറയുക അങ്ങനെ പിന്നെ ആവശ്യം എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള ശ്രവണ മനനങ്ങൾ ശ്രുതി അർത്ഥത്തെ സംബന്ധിച്ചുള്ള ശ്രവണ മനനങ്ങളാണ് ആവശ്യം അതിന് ഒരാചാരമില്ലാതെ ഇങ്ങനെ സംശയവാദികളെ നിരാകരിക്കുന്ന അജ്ഞാനത്തെ നിരാകരിക്കുന്നതിന് ഭ്രമത്തെ മാറ്റുന്ന ശ്രവണാദി സാധന കൂടാതെ എങ്ങനെയത് സംഭവിക്കും ആ സാധനയ്ക്ക് ആചാര്യന് കൂടാതെ എങ്ങനെ സംഭവിക്കും ശരിയായി ബോധിപ്പിക്കാതെ ശരിയായിട്ട് എങ്ങനെ ബോധിക്കും ശരിയായി ബോധിപ്പിച്ചാലും ശരിക്ക് ബോധിക്കാൻ പ്രയാസമാണെങ്കിലും ശരിയായി ബോധിപ്പിക്കാതെ അതങ്ങനെ സംഭവിക്കും അതുകൊണ്ടിവിടെ ആചാര്യവാൻ പുരുഷ വേദ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കേവലം ഒരു ജ്ഞാനമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംശയാദികൾ മാറ്റുന്ന ജ്ഞാനം അതാ അതാണ് ഇവിടെ ആവശ്യമായിരിക്കുന്നത് അതും പറയുന്നു തസ്സി താവദേവ ചിരം ഉപദേശ അതും പറയുന്നു അത് കഴിഞ്ഞ പിന്നെ ഒരു മുക്തി ഉണ്ട് തത്സമ്പത്തി അതിനെ കുറിച്ചും പറയുന്നു ആ സത്സമ്പത്തിയുടെ വിശേഷ പ്രത്യേകത ഭാഷകാരൻ പറഞ്ഞു പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്ത സത്സമ്പത്ത് അപ്പൊ അങ്ങനെ ഒരു വിശേഷകാര്യം സംഭവിക്കണമെങ്കിലും ഒരു കേവല ജ്ഞാനം കൊണ്ടല്ല പത്ത് മസിന്ന് വേദാധ്യനം ചെയ്തു പത്തുമസിന്ന് കേട്ടു സദാസ്മീന്ന് ഗ്രഹിച്ചു വീണ്ടും ജനിക്കുന്നു ഇതൊക്കെ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷെ വീണ്ടും ജനിക്കാത്ത മരണം അതിനാണ് ഇവിടെ സത്സമ്പത്തി എന്ന് പറഞ്ഞത് മരണം തന്നെ മോക്ഷമെന്ന് പറഞ്ഞാലും സമാധി എന്ന് പറഞ്ഞാലും മരണമെന്ന് പറഞ്ഞാലും ഇവിടെ അർത്ഥവ്യത്യാസമൊന്നും ഈ സന്ദർഭത്തിൽ ആലങ്കാരികമായ ഭാഷാപ്രയോഗങ്ങൾ തന്നെയുണ്ട് താല്പര്യമെന്ന് തന്നെ സത്സമ്പത്തി അതിനുശേഷം വീണ്ടും ജനിക്കാതിരിക്കണമെന്ന് അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അത് ഈ കേവലജ്ഞാനം കൊണ്ട് പോലെ സംശയാദികൾ മാറുന്ന ജ്ഞാനം കൊണ്ട് തന്നെ സംശയാദികളെ ഇല്ലാതാക്കുന്ന ജ്ഞാനം അങ്ങനെ ഒരു ജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്നത് അല്ലാതെ കേവലജ്ഞാനമല്ല എന്ന